ത്യായം മുപ്പത്തിയേഴ് ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു പിന്നെ അവൻ രാജധാനി വിചാരകൻ എല്ല്യാക്കീമിനെയും രാജസക്കാരൻ ശബ്നയെയും പുരോഹിതന്മാരിൽ മൂപ്പന്മാരെയും രട്ടുടുത്തവരായി ആമൂസിന്റെ മകനായ യഷയ്യ പ്രവാചകന്റെ അടുക്കൽ അയച്ചു അവർ അവനോട് പറഞ്ഞത് ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു ഇത് കഷ്ടവും ശാസനയും നിന്നയുമുള്ള ദിവസമത്രേ കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു പ്രസവിപ്പാനോ ശക്തിയില്ല ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ രബ്ഷാക്കേയെ അവന്റെ യജമാനനായ അശുർ രാജാവ് അയച്ചു വാക്ക് നിന്റെ ദൈവമായ ഹോവ പക്ഷെ കേൾക്കും നിന്റെ ദൈവമായ ഹോവ കേട്ടിരിക്കുന്ന വാക്കിന് പ്രതികാരം ചെയ്യും ആകയാൽ ഇനിയം ശേഷിച്ചിരിക്കുന്നവർക്കു വേണ്ടി പക്ഷവാതം കഴിക്കണമേ ഹിസ്ക്യ രാജാവിന്റെ ഭൃത്യന്മാർ യശയ്യാവിന്റെ അടുക്കൽ വന്നപ്പോൾ യശയ്യാവ് അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ യജമാനനോട് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അശൂർ രാജാവിന്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കുനിമിത്തം ഭയപ്പെടേണ്ട ഞാൻ അവന് ഒരു മനോവിഭ്രമം വരുത്തും അവൻ ഒരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും ഞാൻ അവനെ അവന്റെ സ്വന്ത ദേശത്തു വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും രപ്ഷാക്കെ മടങ്ങിച്ചൊന്ന് അശുർ രാജാവ് നേരെ യുദ്ധം ചെയ്യുന്നത് കണ്ടു അവൻ ലാഖീഷ് വിട്ടുപോയി എന്ന് അവൻ കേട്ടിരുന്നു എന്നാൽ കൂശ് രാജാവായ തിർഹാക്ക തന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവൻ ഹിസ്കിയാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് കൽപ്പിച്ചതുണ്ടെന്നാൽ നിങ്ങൾ യഹൂദ രാജാവായ ഹിസ്കിയാവോട് പറയേണ്ടത് യരുശലേം രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കളയുകയില്ല എന്ന് നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവം നിന്നെ ചതിക്കരുത് അശ്വർ രാജാക്കന്മാർ സകല ദേശങ്ങളോട് ചെയ്തതും അവയ്ക്ക് ഉന്മൂലനാശം വരുത്തിയതും നീ വിപ്പെടുമോ ഗോസാൻ ഹാരാൻ തെലസാരിലെ ഏതന്യർ എന്നിങ്ങനെ എന്റെ പിതാക്കന്മാർ നശിപ്പിച്ചു കളഞ്ഞ ജാതികളുടെ ദേവന്മാർ അവരെ വിടുവിച്ചിട്ടുണ്ടോ ഹമാത് രാജാവും അർപ്പാദ് രാജാവും സഫർവയീം പട്ടണം ഹേന എന്നിവയ്ക്ക് രാജാവായിരുന്നവനും എവിടെ ഹിസ്കിയാവ് ഭൃത്യന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തുവാങ്ങി വായിച്ചു ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തു ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായി കിരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവെ നീ ഒരുത്തൻമാത്രം ഭൂമിയിലെ സർവരാജ്യങ്ങൾക്കും ദൈവമാകുന്നു നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി യഹോവേ ചെവി ചായ കേൾക്കണമേ യഹോവേ തൃക്കണ്ണു തുറന്ന് നോക്കേണമേ ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ ആളയച്ചിരിക്കുന്ന സൻഹേരിബിന്റെ വാക്കൊക്കെയും കേൾക്കണമേ യഹോവി അശുർ രാജാക്കന്മാർ സർവജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കി അവരുടെ ദേവന്മാരെ തീയിലിട്ട് കളഞ്ഞത് സത്യം തന്നെ അവ ദേവന്മാരല്ല മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രം ആയിരുന്നുവല്ലോ ആകയാൽ അവർ നശിപ്പിച്ചു കളഞ്ഞു ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ ഹോവി നീ ഒരുത്തൻ മാത്രം ഈ ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കൈയിൽ നിന്ന് രക്ഷിക്കണമേ ആമോസിന്റെ മകനായ യശയ്യാവ് ഹിസ്ത്യവിന്റെ അടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നീ അശൂർ രാജാവായ സൻഹേരിബ് നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അവനെക്കുറിച്ച് യഹോവ അരുളി ചെയ്ത വചനം ആവിത് സിയോൻ പുത്രിയായ കന്യക നിന്നെ നിന്നിച്ച് പരിഹസിക്കുന്നു യെരുഷലേം പുത്രി നിന്റെ പിന്നാലെ തല കുലുക്കുന്നു നീ ആരെയാകുന്നു നിന്നിച്ച് ദുഷിച്ചത് ആർക്കു വിരോധമായിട്ടാകുന്നു നീ ഒച്ച പോക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത് ഇസ്രയേലിന്റെ പരിശുദ്ധന് വിരോധമായിട്ട് തന്നെയല്ലയോ നിന്റെ ഭൃത്യന്മാർ മുഖാന്തരം നീ കർത്താവിനെ നിന്നിച്ചു എന്റെ അസംഖ്യം രഥങ്ങളോടുകൂടെ ഞാൻ മലമുകളിലും ലബാനോന്റെ ശിഖരങ്ങളിലും ുന്നു അതിലെ പൊക്കമുള്ള ദേവധാരുക്കളും വിശേഷമായ സരളവൃക്ഷങ്ങളും ഞാൻ മുറിക്കും അതിന്റെ അറ്റത്തെ കുടുമുടി വരെയും അതിന്റെ ചെഴുപ്പുള്ള കാടുവരെയും ഞാൻ കടന്നു ഞാൻ വെള്ളം കുഴിച്ചെടുത്ത് കുടിക്കും എന്റെ കാലടികളാൽ മിശ്രയുമിലെ സകല നദികളെയും വറ്റിക്കും എന്ന് പറഞ്ഞു ഞാൻ പണ്ടു പണ്ടേ അതിനെ ഉണ്ടാക്കി പൂർവ്വകാലത്ത് തന്നെ അതിനെ നിർമ്മിച്ചു എന്ന് നീ കേട്ടിട്ടില്ലയോ നീ ഉറപ്പുള്ള പട്ടണങ്ങളെ മുടിച്ച് ശൂന്യ കൂമ്പാരങ്ങളാക്കുവാൻ ഞാനിപ്പോൾ സംഗതി വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലന്മാരായി വിരണ്ട് അമ്പരുന്നുപോയി അവർ വയലിലെ പുല്ലും പച്ചചെടിയും പുരപ്പുറങ്ങളിലെ പുല്ലും വളരെ മുമ്പേ കരിഞ്ഞുപോയ ധാന്യവും പോലെ ആയിത്തീർന്നു എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗമനവും ആഗമനവും എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തും ഞാൻ അറിയുന്നു എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തുകൊണ്ടും നിന്റെ അഹങ്കാരം എന്റെ ചെവിയിൽ എത്തിയിരിക്ക ഞാൻ എന്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എന്റെ കടിഞ്ഞാൻ നിന്റെ അഭരങ്ങളിലുമിട്ട് നീ വന്ന വഴിക്ക് തന്നെ നിന്നെ മടക്കിക്കൊണ്ടു പോകും എന്നാൽ ഇത് നിനക്ക് അടയാളമാകും നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും രണ്ടാമണ്ടിൽ താനെ കിളിർത്ത് വിളയുന്നതും പിന്നെ മൂന്നാമണ്ടിൽ നിങ്ങൾ വിതച്ചു കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും യഹൂദഗ്രഹത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും ഒരു ശേഷിപ്പ് എരുസിലിയമിൽ നിന്നും ഒരു രക്ഷിതഗണം സിയോൺ പർവ്വതത്തിൽ നിന്നും പുറപ്പെടും സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ അനുഷ്ഠിക്കും ആകയാൽ യഹോവ അശൂർ രാജാവിനെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല ഒരമ്പ് അവിടെ എയ്യുകയുമില്ല അതിന്റെ നേരെ പരിചയോടു കൂടെ വരികയില്ല അതിനെതിരെ വാട കോരുകയുമില്ല അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും ഈ നഗരത്തിലേക്ക് വരികയുമില്ല എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവിദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കുമെന്ന് യഹോവിയുടെ അരുളപ്പാട് എന്നാൽ യഹോവിയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ നൂറ്റി പേരെ കൊന്നു ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു അങ്ങനെ അശൂർ രാജാവായ സൻഹേരിബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിലവയിൽ പാർത്തു എന്നാൽ അവൻ തന്റെ ദേവനായ നിസറോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമേലക്കും ശരേസരും അവനെ വാൾകൊണ്ടു കൊന്നിട്ട് അരാരാ ദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു അവന്റെ മകനായ യേസർ ഹദ്ദോൻ അവനു തീർന്നു